പല സ്ഥലങ്ങളിലും അള്ളാഹു സുബഹാനഹുവ ചായാല നിങ്ങൾക്ക് വിജയം നൽകിയിട്ടുണ്ട് ഹുനൈൻ ദിനത്തിലും നിങ്ങളുടെ എണ്ണക്കൂടുതൽ നിങ്ങളെ അത്ഭുതപ്പെടുത്തിയപ്പോൾ അത് നിങ്ങൾക്കൊട്ടും ഉപകരിക്കാതെ വരികയും വിശാലമായ ഭൂമി നിങ്ങൾക്കിടുങ്ങിയതായി തോന്നുകയും തുടർന്ന് നിങ്ങൾ പിന്തിരിഞ്ഞോടുകയും ചെയ്ത സന്ദർഭത്തിൽ